ദൈവനാമത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിൾ സ്റ്റഡിയിലെ കുറിച്ച് പറയുകയായിരുന്നല്ലോ ആവർത്തന പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ മോശ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് താനെ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അതിനു മുമ്പ് ഇസ്രായേൽ മക്കൾ അങ്ങോട്ട് കിടക്കുന്നതിനു മുമ്പ് ഈ കനാനെ ഒരു നോക്കി കാണാൻ വേണ്ടി പിസ്ഗ കൊടുമുടിയിൽ കയറി നിൽക്കുന്നു കയറി നിൽക്കുമ്പോൾ താൻ എരീഹോ താഴ്വ വീതിയൊക്കെ കാണുന്നതാണ് നമ്മളവിടെ വായിക്കുന്നത് ഈ എരീഹോ താഴ്വരയിൽ ഏലിശയുടെ ആ നിലയിലുള്ള കല്ലറയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ ദിവസം ബൈബിൾ സ്റ്റഡിയിലെ ചിന്തിച്ചത് എരിഹോ താഴ്വരയോടുള്ള ബന്ധത്തിൽ അവിടെ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച ഏലിശയുടെ കല്ലറയുണ്ട് അത് സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു എന്നാൽ എരിഹോ താഴ്വരയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി എരിഹോ പട്ടണത്തെക്കുറിച്ചാണ് ഇസ്രായേൽ മക്കള് വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവരുടെ മുമ്പാകെ അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ തലയുയർത്തി നിന്ന ഒരു എരീഹോ പട്ടണവും അതിൻ്റെ ചുറ്റുമുള്ള മതിലുകളും അതിനെ കീഴടക്കിയാൽ മാത്രമേ തുടർന്ന് കനാൻ കീഴടക്കാൻ കഴിയൂ എന്നുള്ള യോശോയുടെ ബോധ്യവും ഒക്കെ വിവരിച്ചുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം ആദ്യത്തെ അധ്യായങ്ങൾ അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അവിടെ അവിടെ ചെന്നപ്പോൾ യോശുവ ആദ്യം മനസ്സിലാക്കിയത് ഈ എരീഹോ പട്ടണത്തെ കീഴടക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയയില്ല പക്ഷേ എരിഹോ പട്ടണത്തിന് വലിയ മതിലുണ്ട് ഇതിനെ എങ്ങനെ കീഴടക്കാൻ കഴിയും യോശുവുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ തന്നെ യോശുവ രണ്ട് ചാരന്മാരെ ആ നഗരമുറ്റുനോക്കാനായിട്ട് വിടുന്നതും അവരെ ് സ്വീകരിക്കുന്നതും അങ്ങനെയുള്ള ചരിത്രമൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത് അവസാനം നമുക്ക് ഈ ചരിത്രം അറിയാം ഒടുവിൽ ദൈവത്തിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് ഏഴു ദിവസം ഏഴാമത്തെ ദിവസം ഏഴുവട്ടവും അവർ ആ മതിലിനു ചുറ്റാകെ ചുറ്റി നടന്ന് കഴിഞ്ഞ് ആർപ്പിട്ടപ്പോൾ എരീഹോ വീണു അവർ നഗരത്തെ മുഴുവനെ നശിപ്പിച്ചു അത് ഇനിയും അതൊരിക്കലും പണിയപ്പെടാതിരിക്കട്ടെ എന്ന് യോശുആ അതിന് അതിൻ്റെ മേലെ ഒരു ശാപവും പ്രഖ്യാപിച്ചു എന്നാൽ പിന്നീട് ആഹാബിൻ്റെ കാലത്ത് ഒന്ന് രാജാക്കന്മാർ പതിനാറാമധ്യായം അതിൻ്റെ മുപ്പത്തിനാലാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി രാ ആഹാബ് രാജാവിൻ്റെ കാലത്ത് ഭേദല്യനായ ഹിയേൽ പട്ടണം പണിതും യോശുവ അന്ന് ആ തൻ്റെ ശാപത്തിൽ പറഞ്ഞതുപോലെ അവൻ്റെ മൂത്ത മകനും ഇളയ മകനും നഷ്ടമായതുമൊക്കെ നമ്മളെ ചിന്തിച്ചു അപ്പോൾ ആ എരിഹോ പട്ടണത്തെ കീഴടക്കിയത് ഇസ്രായേൽ മക്കളുടെ കനാൻ പ്രവേശത്തിലെ വളരെ നിർണായകമായ ഒരു ഭാഗമാണ് ആ പട്ടണം എരിഹോ താഴ്വീതിയിൽ ഒരു ഭാഗത്ത് ഉണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവർ ഈ എരിഹോ പട്ടണം ഇസ്രായേൽ മക്കൾ കീഴടക്കിയ ആ സംഭവത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമ്മള് ചിലപ്പോൾ പറയല്ലേ കുഞ്ഞുങ്ങളൊക്കെ പറയും ക്രിക്കറ്റിലൊക്കെ പറയും മാൻ ഓഫ് ദ മാച്ച് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതൊരു സ്ത്രീയാണ് എന്ന് തന്നെയല്ല അവൾ അവളുടെ പശ്ചാത്തലവും അത്ര നല്ലതല്ല റാഹാബ് എന്ന വേശ്യ എന്നാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഈ വേഷുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ ആദ്യത്തെ വാക്യത്തിൽ തന്നെ അങ്ങനെയാണ് വിവരിക്കുന്നത് റാഹാബ് എന്നാൽ അങ്ങനെ ഒരു വേഷ്യ അല്ലായിരുന്നു അവളൊരു സത്രം സൂക്ഷിപ്പുകാരി ആയിരുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങള് പഴയ ജോസിഫസിന്റെ കാലം മുതൽ തന്നെയുണ്ട് എന്നാൽ എബ്രാഹിലെ ആ വാക്ക് ആ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്കും കൃത്യമായിട്ട് ആ വാക്ക് പഠിച്ചാൽ അത് ശരി തന്നെയാണ് റാഹാബ് എന്ന വേശ്യ തന്നെയാണ് കേവലം ഒരു സത്രം സൂക്ഷിപ്പുകാരി മാത്രമായിരുന്നില്ല എന്ന് മാത്രമല്ല പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ രണ്ടിടത്ത് എബ്രാഹിം ലേഖനം പതിനൊന്നിൻ്റെ മുപ്പത്തൊന്നിലും ഈ യാക്കോബ് രണ്ടിൻ്റെ ഇരുപത്തഞ്ചിലും റാഹാബിനെ കുറിച്ച് പറയുന്നിടത്തും അവിടെയും റാഹാബ് എന്ന വേശ്യ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ എരിഹോ താഴ്വീതിയിലെ എരിഹോ പട്ടണം കീഴടക്കിയതിലെ ഏറ്റവും ശ്രദ്ധേയായ വ്യക്തി എന്ന് പറയുന്ന റാഹബാണ് പക്ഷെ റാഹബ് ഇസ്രായേൽ മക്കളെ സഹായിച്ചത് അവളെയും അവളുടെ കുടുംബത്തെയും യോശുവ സംരക്ഷിച്ചു യോസ് യേശുവ സംരക്ഷിച്ച് നമ്മളതിൻ്റെ കുറിച്ചുള്ളത് ആറാമധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് യോശു ആ പ്രത്യേക നിർദ്ദേശം കൊടുത്തു അവളെയും അവളുടെ വീട്ടുകാരെയും പടയോട്ടത്തിൽ നശിക്കപ്പെട്ടു പോകാതെ അവരെ സംരക്ഷിക്കണം അങ്ങനെ റാഹബിനെ സംരക്ഷിച്ച് ഇസ്രായേൽ മക്കളോടൊപ്പം പിന്നീട് കൊണ്ടു ഇസ്രായേൽ മക്കളിലെ തന്നെ വളരെ വലിയൊരു കുടുംബത്തിലെ സൽമോൻ എന്ന് പറയുന്ന ഒരാൾ പിന്നീട് ഈ റാഹബിനെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഒന്നാമധ്യായത്തിൽ കർത്താവിൻ്റെ വംശാവലി പറയുന്നിടത്ത് നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട് അതിൻ്റെ ഒന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഷൽമോൻ റാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു എന്നെ കാണുന്നു ഒന്നിൻ്റെ അഞ്ചാമത്തെ വാക്യം കണ്ടോ അപ്പോൾ രാഹബും കുടുംബവും ഇസ്രായേൽ മക്കളോടൊപ്പം വന്നപ്പോൾ ശൽമോൻ എന്ന് പറയുന്ന ആ യഹൂദിയ കുടുംബത്തിൽപ്പെട്ട ആ വംശത്തിൽപ്പെട്ട ഒരു പ്രമുഖനായ ഒരാള് ഈ രാഹബിനെ വിവാഹം കഴിക്കുന്നു എന്ന് മാത്രമല്ല ആ ബന്ധത്തിൽ ബോവസ് നമുക്കറിയാം രൂത്തിനെ പിന്നീട് കല്യാണം കഴിച്ച ബോവസ് ഇവരുടെ കുഞ്ഞായിട്ട് ജനിക്കുന്നു രാഘബിന്റെ സത്യത്തിൽ ഇതിന് വല്ല അർഹതയും ഉണ്ടായിരുന്നു ഒരു അർഹതയും അവൾക്ക് ഉണ്ടായിരുന്നില്ല അവളുടെ പശ്ചാത്തലം വളരെ മോശമായ ഒരു പശ്ചാത്തലമാണ് ഉള്ളത് എന്നാൽ അവൾ അതിൽ നിന്ന് അവളെ വീണ്ടെടുത്ത് അവളെ ആ നിലയില് ഇതാ ദാവീദ് രാജാവ് ജനിക്കുന്ന ആ വംശ വംശത്തില് ദാവീദിന്റെ ഒരു മുതുമുത്തച്ഛിയ എന്നുള്ള ാഹബ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനേക്കാളേറെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലും അവൾക്ക് സ്ഥാനം കിട്ടി നമുക്കറിയാമല്ലോ ജോസഫിൻ്റെ വംശാവലി ജോസഫ് യേശുവിൻ്റെ പിതാവായ ജോസഫിൻ്റെ ആ വംശാവലിയാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് കർത്താവായി യേശു വംശാവലി രണ്ടിടത്ത് നിയമത്തിൽ വിവരിക്കുന്നുണ്ട് ഒന്ന് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായത്തിലാണ് ഒരിടത്ത് നമ്മളെ കാണുന്നത് അതുപോലെ തന്നെ നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലും യേശുവിൻ്റെ വംശാവലി കാണുന്നു പക്ഷേ ഈ രണ്ട് വംശാവലികൾ തമ്മിലൊരു നമ്മൾ സൂക്ഷിച്ചു വായിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് മത്തായി ജോസഫിൻ്റെ മറിയയുടെ ഭർത്താവായ ജോസഫിൻ്റെ വംശാവലിയാണ് പറയുന്നത് അതേസമയം ലൂക്കോസ് പറയുന്നത് മറിയുടെ വംശാവലിയാണ് മറിയും ജോസഫും രണ്ടുപേരും യഹൂദാഗോത്രത്തിലുള്ളവരായത് കൊണ്ട് ഇവരെ രണ്ടു പേർക്കും രണ്ടുപേരുടെയും ആ വംശാവലി പറഞ്ഞു വരുമ്പം റാഹാബ് അവിടെയെല്ലാം രണ്ടടത്തും നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് റാഹാബ് എന്ന വേശ്യ എന്ന് ബൈബിള് പരിചയപ്പെടുത്തുന്ന ആ സ്ത്രീയെ ഒടുവിൽ എന്തായി തീർന്നു ദാവീത് രാജാവിന്റെ മു തീർന്നു പ്രശസ്തമായ യൂദ് ഗോത്രത്തിലെ കർത്താവിൻ്റെ വില്യമ്മച്ചി എന്നുള്ള സ്ഥാനത്ത് പോലും അവൾക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞു അതിൽ അവൾക്ക് അവൾക്ക് സത്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവള് ദൈവം കരുണ കാണിച്ചു ദൈവത്തിന്റെ കൃപ കൊണ്ട് അങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചു എന്ന് മാത്രമേ അവൾക്ക് പറയാനായിട്ട് കഴിയുള്ളൂ നമ്മളും നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും പറയാനുള്ളത് നമ്മളെന്താ നമ്മളെ ഈ ലോകത്തില് ആ വാഗ്ദത്വത്തിന്റെ നിയമങ്ങൾ കന്യരായിരുന്നു ആ നമ്മൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു നമ്മൾ ഒരു കണ്ണനും ദയ തോന്നാതെ വെളിമ്പറമ്പിൽ എറിയപ്പെട്ട പാത്രങ്ങളെ പോലെ പാപത്തിൽ അങ്ങനെ മുഴുകി ജീവിച്ചിരുന്ന ആളുകളാണ് ദൈവം എന്തുകൊണ്ട് നമ്മളെ ഈ ഈ കർത്താവിൻ്റെ ആ സഭയിലെ കർത്താവിൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ മകനാക്കി തീർത്തു മകളാക്കി തീർത്തു എന്ന് ചോദിച്ചാൽ നമുക്കതിനെ മറുപടിയില്ല റാഘവിനെ പോലെ നമുക്കും പറയാൻ കഴിയുന്നത് എന്താ ദൈവത്തിന്റെ വലിയ കൃപയാണ് ദൈവത്തിന്റെ വലിയ കരുണയാണ് എന്ന് മാത്രമാണ് പറയാന് കഴിയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എരീഹോ താഴ്വീതിയിലെ പട്ടണത്തോട് ബന്ധപ്പെട്ട് റാഹാവിനെ നമ്മൾ ചിന്തിക്കുമ്പോ റാഹാവിനും നമുക്കും പൊതുവായിട്ടൊരു കാര്യമുണ്ട് രണ്ടു കൂട്ടർക്കും ദൈവത്തിൻ്റെ കണ്ണിൽ ആ നിലയിൽ കരുണ ലഭിച്ചു ദയ ലഭിച്ചു കൃപ ലഭിച്ചു നമുക്ക് ഈ ഈ നിലയില് നമ്മൾ അർഹിക്കാത്ത ഒരു സ്ഥാനം നമുക്ക് ലഭിക്കാനിടയായി റാഹബ് യേശുവിൻ്റെ വംശാവലി വന്നു നമ്മളോ യേശുവിൻ്റെ കുടുംബത്തിൽ വരാനായിട്ടിടയായി നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല നമ്മുടെ ഏതെങ്കിലും നന്മ കൊണ്ടല്ല ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് അതിന് റാഹബിനെയും സഹായിച്ചത് നമ്മളെയും സഹായിച്ചത് എന്നുള്ളടത്ത് നമുക്ക് റാഹബിനും പൊതുവായ ഒരു കാര്യം പങ്കിടാനായിട്ട് കഴിയും എന്ന കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മത്തായി സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായത്തിലെ യേശുവിൻ്റെ വംശാവലി നമ്മൾ നോക്കുമ്പോൾ ഈ റാഹബിനെ കുറിച്ച് മാത്രമല്ല അവിടെ റാഹബിനെ കൂടാതെ മൂന്ന് സ്ത്രീകളെ അവിടെ പറയുന്നുണ്ട് സാധാരണ യഹൂദന്റെ വംശാവലിയില് പുരുഷന്മാരുടെ കാര്യം മാത്രമേ പറയാറുള്ളൂ എന്നാൽ യഹൂദര് പൊതുവെ നമുക്കറിയാവുന്നത് ഒരു പുരുഷ ആ നിലയിലുള്ള കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കുന്ന ഒരു ജനതയാണല്ലോ അതുകൊണ്ട് അവരവരുടെ വംശാവലി എഴുതുമ്പോൾ അമ്മമാരുടെ പേര് പറയാറില്ല അപ്പന്മാരുടെ പേര് മാത്രമാണ് പുരുഷന്മാരുടെ പേര് മാത്രമാണ് സാധാരണ പറഞ്ഞു പോകുന്നത് എന്നാൽ ഇവിടെ കണ്ടോ ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം നിങ്ങൾ യേശുവിൻ്റെ വംശാവലി സൂക്ഷ്മമായിട്ട് വായിച്ചാൽ റാഹാബ് നാല് സ്ത്രീകളെ അവിടെ പരാമർശിക്കുന്നുണ്ട് അതിൻ്റെ മൂന്നാമത്തെ വാക്യം മത്തായി ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യഹൂദ താമാറിൽ പാരീസിനെ ജനിപ്പിച്ചു എന്ന് കാണുന്നു അഞ്ചാമത്തെ വാക്യത്തിൽമോൻബിൽ ബോവസിനെ ജനിപ്പിച്ചു അവിടെ തന്നെ ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യ ആയിരുന്നവളിൽ പറയുന്ന ബേസേബയാണ് ഷലോമോനെ ജനിപ്പിച്ചു കണ്ടോ നാല് സ്ത്രീകളുടെ പേ നാല് സ്ത്രീകളെക്കുറിച്ച് ഈ വംശാവലിയിൽ എടുത്തു പറയുന്നു ഒന്ന് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യഹൂദ താമാറിൽ രണ്ട് ശൽമോൻ റാഹാബിൽ മൂന്ന് ബോവസ് രൂത്തിൽ നാല് ദാവീദ് ബേസേബിൻ ഞാൻ പലപ്പോഴും ഈ വംശാവലി വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും ആണ് നമ്മുടെ ഒരു കുടുംബചരിത്രം എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളെപ്പോഴും തമസ്കരിച്ചല്ലേ പറയുക അതിനെക്കുറിച്ച് പുറത്ത് പറയാതെ അത് ആരുടെയും ശ്രദ്ധപ്പെടാതിരിക്കാനല്ലേ നോക്കുക പക്ഷേ ഇവിടെ യേശുവിൻ്റെ വംശാവലി പറഞ്ഞപ്പോൾ അവിടെ സാധാരണ യഹൂദൻ്റെ രീതിയിൽ നിന്ന് വ്യത്യാസമായി നാല് സ്ത്രീകളുടെ പേരെടുത്തു പറഞ്ഞു ആ നാല് സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പഠിച്ചാലോ നാല് പേരും വളരെ മോശപ്പെട്ട പശ്ചാത്തലത്തിൽ ഉള്ള ആളുകളാണ് എന്ന് നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇതിങ്ങനെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് നമ്മൾ നോക്കുക ഈ നാല് പേരെ ഒട്ടും നല്ല കാര്യങ്ങൾ പറയാനായിട്ടില്ല ഒന്നാ മത്ത എഴുതിയ സുവിശേഷം ഒന്നിന്റെ മൂന്നില് യഹൂദ താമാറിൽ പാരീസിനെ ജനിപ്പിച്ചു എന്ന് പറയുന്നു നമ്മള് ആഹ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യം നോക്കിയാൽ എങ്ങനെയാണ് യഹൂദ താമാറിൽ ഈ കുട്ടി ഉണ്ടായതും അതിനെ ചരിത്രവും ഒക്കെ നമ്മൾ നോക്കിയാൽ ഒരളവില് പുറത്തു പറയാൻ പറ്റാത്ത നിലയിൽ മോശപ്പെട്ട ഒരു ബന്ധത്തിൽ കുട്ടിയാണ് ഈ പാരീസ് യഹൂദയും താമാറും തമ്മിലുള്ള ആ ബന്ധം ആ ഇന്ന് അത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പൊതുവേദിയിൽ വായിക്കാൻ പോലും പറ്റാത്തവണ്ണം മോശപ്പെട്ട ഒരു സംഭവമായിട്ടാണ് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ നമ്മളത് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ത്രീ രണ്ടാമത്തെ സ്ത്രീയാണ് നമ്മൾ പറഞ്ഞു വന്നത് റാഹാബ് അവളുടെ പേര് തന്നെ എന്താണ് റാഹാബ് എന്ന് അവളെ ആദ്യം പരിചയപ്പെടുത്തുമ്പോൾ തന്നെ റാഹാബ് എന്ന വേശ്യ എന്ന് പറയുന്നു പുതിയ നിയമത്തിൽ വരുമ്പം യാക്കോവിൻ്റെ ലേഖനത്തിലും ഇബ്രാഹിം ലേഖനത്തിലും ആ ഒരു വിശേഷണം പറഞ്ഞുകൊണ്ടാണ് അവളെ അവളെ കുറിച്ച് പറയുന്നത് അപ്പൊ നോക്കുക അവൾക്കും അവളുടെ പശ്ചാത്തലവും ഒട്ടും ഒട്ടും വെളിയിൽ പറയാൻ കൊള്ളാവുന്ന ഒരു പശ്ചാത്തലമല്ല യേശുവുടെ പുസ്തകം ആറാം അധ്യായത്തിലും രണ്ടാമധ്യായത്തിലും നമ്മളത് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ യേശുവിൻ്റെ വംശാജലയിൽ പേരുള്ള സ്ത്രീ എന്ന് പറയുന്നത് ബോവസ രൂത്തിൽ ഓ വീദിനെ ജനിപ്പിച്ചു രൂത്ത് രൂത്തിൻ്റെ പേരിൽ തന്നെ പഴയ നിയമത്തിലൊരു പുസ്തകം കൊണ്ട് നമുക്കത് അറിയാം ൂത്ത് നല്ല ഒരു സ്ത്രീയാണ് പക്ഷേ രൂത്തിന്റെ പ്രശ്നം എന്താ രൂത്ത് ഒരു മോവാഭ്യ സ്ത്രീയാണ് മോവാഭ്യ സ്ത്രീയാണ് ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം കൽപ്പന കൊടുത്തിരിക്കുന്നത് നമ്മൾ വായിച്ചാൽ ഒരളവിൽ നമ്മൾ നടുങ്ങിപ്പോകും അവിടെ എന്താ പറഞ്ഞേക്കുന്നത് മോവാഭ്യരും അമോന്യരും അവരുടെ പത്താം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത് അങ്ങനെ ആ മോവാബ്യരെയും അമോന്യരെയും ഇസ്രായേൽ മക്കള് അസ്പർശ്യരായിട്ട് അകറ്റി നിർത്തേണ്ടവരാണ് ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നിന്റെ മൂന്നില് ദൈവം കല്പന കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മോവാഭ്യ സ്ത്രീയാണ് നവോമിയോടൊപ്പം നാട്ടിലേക്ക് വരികയും ഒടുവില് ബോവസ് അവളെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തത് രൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു രൂത്ത് വ്യക്തിപരമായിട്ട് നല്ല സ്ത്രീ ആണെങ്കിൽ പോലും അവള് വന്ന പശ്ചാത്തലം അതായത് അവള് വന്ന അവൾ ഒരു മോവാബി സ്ത്രീ ആയത് കൊണ്ട് പത്താം തലമുറ പോലും ദൈവസന്നിധിയിൽ കടക്കരുത് എന്ന ദൈവത്തിന്റെ വിലക്കുള്ളത് കൊണ്ട് അവൾക്കും ഇന്ന് ദൈവത്തിന്റെ കർത്താവിൻ്റെ ആ വംശാവലിയിൽ യേശുവിൻ്റെ ഒരു മുത്തശ്ശിയുടെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ രൂത്തിനും പറയാൻ കഴിയുന്നത് എനിക്ക് ഇതിനൊരു അർഹതയും ഇല്ലായിരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഈ മോവാഭ്യർ എന്തുകൊണ്ടാണ് ദൈവത്തിന് ഈ നിലയില് വെറുക്കപ്പെട്ടവരായി തീർന്നത് നമ്മള് അതും അതിൻ്റെ വിശദാംശങ്ങൾ ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ടോ വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും അവിടെ ലോത്തിൻ്റെ ലോത്തിന് തെറ്റായ ബന്ധത്തിൽ ഉണ്ടായ കുട്ടികളാണ് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് വാക്യങ്ങളിൽ നമ്മൾ അത് വായിക്കാൻ എന്നു അതിനെ തുടർന്ന് ദൈവം പറഞ്ഞു അവരുടെ സന്തതി പരമ്പരകൾ ആരും പത്താം തലമുറയോ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞു ഇസ്രായേലിൻ്റെ ചരിത്രം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നെഹമ്യാവിൻ്റെ പുസ്തകം നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഉണർവും ദൈവവചനം വായിക്കുന്ന അനുഭവങ്ങളും ഒക്കെ ഉണ്ടായപ്പം അവര് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കി ഈ മോവാബിയരും ഒക്കെ ആ നിലയിലെ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ പത്ത് തലമുറ വരെ വിലക്കൊള്ളവരാണെന്ന് ദൈവവചനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ മൂന്നും ഒക്കെ അവർ വായിച്ചിട്ടുണ്ടാകും വായിച്ച ഉടനെ നെഹമ്യാവും കൂട്ടരും അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ആ സമ്മിശ്ര ജാതികളെ അവരെ പുറത്താക്കുകയും ചെയ്യുന്ന കാര്യമാണ് നെഹമ്യാവ് പതിമൂന്നിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് താമാർ ദൈവസന്നിധിയില് പ്രവേശിക്കാൻ യോഗ്യതയുള്ളവരികളായിരുന്നില്ല മോശപ്പെട്ട ഒരു ഭൂതകാലമാണ് അവൾക്കു അവൾക്കുള്ളത് റാഹാവ് ഈ നിലയില് വംശാവലിയിൽ സ്ഥാനം പിടിക്കാൻ യോഗ്യല്ല മോശപ്പെട്ട പശ്ചാത്തലമാണ് അവൾക്കുള്ളത് രൂത്ത് ആ വംശാവലിയിൽ സ്ഥാനം പിടിക്കാൻ യോഗ്യയല്ല കാര്യം അവൾ ഒരു മോവാബ്യ സ്ത്രീയാണ് മോവാബ്യരുടെ ജനനം ഉൽപ്പത്തി തന്നെ ഏറ്റവും മോശപ്പെട്ടതാണ് ദൈവത്താൽ പത്ത് തലമുറയോളം അവർ കിടക്കരുത് എന്ന വിലക്കുള്ളവരാണ് അവര് അടുത്തതോ നാലാമത്തെ സ്ത്രീയോ നാലാമത്തെ സ്ത്രീയുടെ ആ ചരിത്രം നമ്മൾ ബേസേബയാണ് ദാവീദിൽ ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായിരുന്നവളെ ഊര്യാവിൻ്റെ ഭാര്യയായിരുന്ന ബേസേബയിൽ ശലോമോനെ ജനിപ്പിച്ചു ആ ശലോമോൻ്റെ വംശാവലിയിലാണ് കർത്താവിൻ്റെ ഏർ ഈ ഭൂമിയിലെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ജോസഫ് വന്നത് അതുകൊണ്ട് ഈ ബേസേബയും ഈ കർത്താവിൻ്റെ വംശാവലിയിൽ വരുന്നുണ്ട് ബേസേബയ്ക്കും എന്തെങ്കിലും ഒരു ന്യായം പറയാനുണ്ടോ അവളും സ്വന്തം ജീവിച്ചിരിക്കുമ്പോൾ തെറ്റായ ബന്ധങ്ങളിൽ അത് രഹസ്യമായി വെച്ചവളും സ്വന്തം ഭർത്താവിനെ കൊല്ലിച്ച പിന്നീട് ജീവിതം പങ്കിട്ടവളും ഒക്കെയാണ് നോക്കുക ഞാൻ പറഞ്ഞു കൊന്നത് ഈ നാല് സ്ത്രീകളെക്കുറിച്ചും പറയുമ്പോൾ വളരെ മോശപ്പെട്ട ഭൂതകാലമാണ് അവർക്കെല്ലാം ഉള്ളത് എങ്കിലും എന്തുകൊണ്ടാണ് ദൈവം ഈ നാല് സ്ത്രീകളെ അവരുടെ പേര് അവരെക്കുറിച്ചുള്ള ചരിത്രം യേശുവിൻ്റെ വംശാവലിയിൽ രേഖപ്പെടുത്തിയത് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിന് ഒരു കുഴപ്പവും ഒരു വംശാവലി തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല എങ്കിലും ഈ നിലയിലുള്ള ഒരു വംശാവലി തന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നിട്ട് അതെല്ലാം എന്തിനു വേണ്ടി ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചു എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് ഒരാളുടെയും ഭൂതകാലം നോക്കി കർത്താവ് അവരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഭൂതകാലം നോക്കി അവരെ മാറ്റി നിർത്താനായിട്ട് പാടില്ല ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരെ പിന്നെ നമ്മൾ അവർക്കെതിരെ അവരുടെ പഴയ പശ്ചാത്തലമോർത്ത് അവരെ ഒരു തെറ്റായ കണ്ണട കൊണ്ട് കാണരുത് അങ്ങനെ വന്നാൽ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ നീതിയിരിക്കപ്പെടുകയില്ല എന്നൊരു സന്ദേശമാണ് ഈ ഈ സ്ത്രീകളെ കർത്താവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയതിലൂടെ നമുക്ക് തരുന്നത് എന്നുള്ള കാര്യം ഈ രാഹാബിനോട് ചേർത്ത് തന്നെ ജീവിതത്തോട് ചേർത്ത് നമുക്ക് കാണാനായിട്ടും ചിന്തിക്കാനായിട്ടും നമുക്കായി ഒരു പാഠമായിട്ട് എടുക്കാനായിട്ടും കഴിയും നമ്മൾ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം കർത്താവിൻ്റെ സഭയെന്ന് പറയുമ്പോൾ കർത്താവ് ഈ ലോകത്തിൽ താനെ ഭൂമിയിലായിരുന്നപ്പോൾ താനെ എടുത്ത നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത് കർത്താവ് എന്താ ചെയ്തത് കർത്താവ് ഈ ഭൂമിയിൽ വന്നതിൻ്റെ ആ ഈ ഭൂമിയിൽ പെരുമാറിയതിൻ്റെ ഒക്കെ വിശദവിവരങ്ങൾ നമ്മൾ നാല് സുവിശേഷങ്ങളിലും വായിക്കുന്നുണ്ട് അവിടെ കർത്താവിനെ കുറിച്ചുള്ള പ്രധാന പരീശന്മാര് പറഞ്ഞിരുന്ന ഒരാരോപണം എന്താണ് ഇവനെ ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും ഭാഗത്താണ് ഇവനെ പാപികളുടെ സ്നേഹിതൻ എന്നൊരു പേരാണ് കർത്താവിന് അവര് കൽപ്പിച്ചു നൽകിയത് ആരാണ് ഇത് കൊടുത്തത് അന്നത്തെ കാലത്തെ യഹൂദ മേധാവികളാണ് യഹൂദര് തന്നെ ആ നിലയിലെ അവരുടെ കൂട്ടത്തിലെ പരീശന്മാരെന്ന് പറയുന്നത് ദൈവവചനം അതായത് പഴയ നിയമം വള്ളി പുള്ളി തെറ്റാതെ ജീവിതത്തില് പാലിക്കുന്ന അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ആളുകളായിരുന്നു പരീശന്മാര് ശാസ്ത്രിമാര് അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള പരീശന്മാരും ശാസ്ത്രിമാരും അവരവരെ തന്നെ നോക്കുമ്പം അവർക്ക് എന്തുണ്ട് അവർക്ക് തങ്ങളിൽ തന്നെ ഒരു പുകഴ്ചയുണ്ട് ഞങ്ങളെല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് മോശ പറഞ്ഞതുപോലെ ആചാരപ്രകാരം കൈ കഴുകുന്നു അല്ലെങ്കിൽ ഞങ്ങള് പുറജാതികളോട് ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ പഴയ നിയമത്തിൽ കാണുന്നത് പോലെയൊക്കെ അവരെ വേർതിരിച്ച് നിർത്തുന്നു ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നതെല്ലാം വള്ളി പുള്ളി തെറ്റാതെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്ന എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വയപ്രശംസയുള്ളവരായിരുന്നു പരീശന്മാർ പ്രിയപ്പെട്ടവരെ നമ്മളെയും ദൈവം കാലാകാലങ്ങളിൽ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മളെ നീതീകരിച്ച് നമ്മളെ വിശുദ്ധന്മാരാക്കി ദൈവസഭയിൽ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ഇതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന വിജയങ്ങളിൽ നമ്മൾ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നികളിച്ചു പോകാനും ആ നിലയിലുള്ള ഒരു വിശുദ്ധി ആളുകളെ അവരെ ചെറിയ ആളുകളായിട്ട് അവരെ താണെ ആളുകളായിട്ട് നമ്മൾ കാണുന്ന ഒരു ചിന്തയും ചിലപ്പോൾ വന്നുകൂടാ എന്നില്ല അത് ദൈവത്തിന് സഹിക്കാൻ ഒക്കുന്ന കർത്താവിനെ സഹിക്കാനൊക്കുന്ന ഒരു കാര്യമല്ല കാര്യം കർത്താവായ യേശു ക്രിസ്തു അവിടെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആരെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ആരെയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് അത് ഈ പരീശന്മാരെയാണ് പരീശന്മാരെ പക്ഷേ സദാചാരപരമായിട്ട് ഒരു തെറ്റും അവർക്ക് പറയാനില്ലായിരുന്നു കർത്താവ് പക്ഷേ ആ പരീശന്മാരുടെ തങ്ങളെല്ലാവരും മെച്ചമാണ് എന്ന് കരുതുന്ന ആ മനോഭാവത്തെ കർത്താവിന് ഒട്ടും സഹിക്കാനൊക്കില്ല കർത്താവ് മറിച്ച് പാവപ്പെട്ട സമൂഹം തള്ളിക്കളഞ്ഞ ആ വേശിയും അല്ലെങ്കിൽ ചുങ്കക്കാരും സക്കായിയും ആ യോഹനന്റെ സുവിശേഷം എട്ടാമധ്യായത്തിൽ നമ്മൾ കാണുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും ഒക്കെ അവരുമൊക്കെയായിട്ട് പരീക്ഷന്മാര് വന്നപ്പോൾ കർത്താവ് കൃത്യമായും ഈ പാപികളുടെ ഭാഗത്താണ് നിലയുറപ്പിച്ചത് എന്തുകൊണ്ടാത് കർത്താവ് പാപത്തോടെന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിട്ടാണോ അല്ല അല്ല കർത്താവ് പാപം കണ്ടുകൂടാതെ ആ നിലയിലെ നിർമ്മലനാണ് കർത്താവ് പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോ തന്നെ കർത്താവ് എന്താ പാപികളെ തേടിയാണ് വന്നത് അതുകൊണ്ട് നമ്മളും ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവം നമ്മളെ ഒരു സഭയിലാക്കി വച്ചിരിക്കുമ്പോ നമ്മുടെ അടുത്തേക്ക് ഏത് പാപിയായ ആളിനും അവരുടെ പശ്ചാത്തലം എന്താകട്ടെ കർത്താവിനെ അംഗീകരിക്കുന്നതിന് മുമ്പ് വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ അവര് കഴിഞ്ഞവരായാലും അവരെ പിന്നീട് നമ്മൾ അങ്ങനെ ഒരു കണ്ണട വെച്ച് നോക്കരുത് കർത്താവ് അംഗീകരിച്ചവരെ നമ്മളും അവരെയും അംഗീകരിക്കുക കർത്താവ് അവരെ കഴി അവരെ രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചെങ്കിൽ കർത്താവ് കഴിയവരെ നമ്മൾ പിന്നെ കുറ്റപ്പെടുത്താനായിട്ട് മനസ്സുകൊണ്ട് പോലും കുറ്റപ്പെടുത്താനായിട്ട് ഇടയാകരുത് കർത്താവ് അവരുടെ പാപങ്ങള് ക്ഷമിക്കുക മാത്രമല്ല അതിനെ മറക്കുകയും ചെയ്തെങ്കിൽ നമ്മൾ പിന്നീട് അവരുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഭൂതകാല പാപങ്ങള് ഓർത്തിരിക്കരുത് ഇതൊക്കെയാണ് കർത്താവിൻ്റെ ഈ നിലപാടിൽ നിന്ന് നമുക്കെടുക്കാവുന്നത് നമ്മൾ കേട്ടോ ഡ്യൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ ഉള്ള വാക്യങ്ങളിലെ കർത്താവ് ഒരു പരീശനും ചുങ്കക്കാരന് രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോയതിനെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞത് നമുക്ക് അറിയാമല്ലോ അവിടെ ചുങ്കക്കാരന് ഒരു നന്മയും അവന് പറയാനില്ല അവൻ ഭാവിയാണ് അതേസമയം പരീശനോ പരീശന് വളരെ നന്മകൾ തന്നെ കുറിച്ച് തന്നെ പറയാനുണ്ട് പക്ഷേ അവസാനം നീതികരിക്കപ്പെട്ടതാരാണ് അല്ലെങ്കിൽ ദൈവം ഭാഗത്തായിരുന്നു ദൈവം പാപിയായതിനോട് കരണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു മാറത്തടിച്ച ആ പാവപ്പെട്ട ചുങ്കക്കാരൻ്റെ ഭാഗത്ത് നിന്ന് അവനെ നീതീകരിച്ചു ആ പരീശനെ എന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ ഒരു സഭയായിട്ട് നിർത്തിയിരിക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മള് പരീക്ഷന്മാരുടെ ഗണത്തിലായി പോകും അങ്ങനെ നമുക്ക് സംഭവിക്കരുത് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാകാം എന്നാണോ നമ്മൾ പറയുന്നത് അല്ല അല്ല അല്ല പാപത്തോട് ഒരു ഒത്തുതീർപ്പും നമുക്കില്ല വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനോഭാവം കൊണ്ട് ചിന്ത കൊണ്ട് ഇതിൽ നിന്നൊക്കെ പാവത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കാനായിട്ട് നാളോറും ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കാനായിട്ടുമാണ് നമ്മുടെ വിളി പക്ഷേ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില വിജയങ്ങളൊക്കെ തരും പല പാവങ്ങളുടെ മേൽ ജയം തരും അത് നമ്മുടെ തല ചീർപ്പിക്കാനിടയാകരുത് മറ്റുള്ളവരെ കുറച്ച് കാണാനിടയാകരുത് കാരണം നമ്മൾ എത്ര വിശുദ്ധിയിലും മുന്നോട്ട് പോയാലും നമ്മൾ ഓർക്കണം യേശയ്യാവിൻ്റെ പുസ്തകം അറുപത്തിനാലിൻ്റെ ആറിൽ പറയുന്നതുപോലെ നമ്മുടെ ഏറ്റവും നല്ല നീതി പോലും ദൈവത്തിന്റെ മുമ്പാകെ കറബുരണ്ട തുണി പോലെയാണ് യേശയ്യാവ് അറുപത്തിയാറിൻ്റെ രണ്ടിൽ പറയുന്നത് പോലെ അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ ആളിനെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വിശുദ്ധിയിലെ നമുക്ക് വളരെ മുന്നേറ്റങ്ങൾ നമ്മൾ എപ്പോഴും റാഹാബിനെ പോലെ അല്ലെങ്കിൽ രൂത്തിനെ പോലെ ദൈവമേ എനിക്കിതിനൊരു അർഹതയുമില്ല നിന്റെ കരുണ മാത്രമാണ് നിൻ്റെ കൃപ മാത്രമാണ് എന്നെ ഈ സഭയിൽ കൊണ്ടുവരാനിടയാക്കിയത് അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ നിലനിർത്താനിടയാക്കിയത് എന്നുള്ള ഒരു ഏറ്റുപറച്ചിലും ഒരു അക്നോളജ്മെൻറ്റും നമുക്കെപ്പോഴും ഉണ്ടാവണം നമുക്കെപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത് കൃപയെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാമല്ലോ അതായത് അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന ഒന്നല്ല കൃപ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന ഒന്നല്ല അൺമെറിറ്റഡ് ഫേവറാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ സഭയിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ മുന്നോട്ട് നടത്താനായിട്ട് നമുക്കൊരു യോഗ്യതയും നമ്മുടെ ഏറ്റവും നല്ല നീതി പോലും അവൻ്റെ മുമ്പ് കറവിരണ്ട തുണി പോലെയാണ് ഉലിസ് പറയുന്നത് പോലെ ഞാൻ ഭാവികളിൽ ഒന്നാമൻ എന്നുള്ളതാണ് സത്യത്തിൽ ദൈവം ഭാഗം നമ്മുടെ സ്ഥാനം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് ഒരു പ്രശംസയും ഇല്ല അതുകൊണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ആ കൃപ നമുക്ക് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഇന്ന സഭയിലായിരിക്കാനും കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനും ഒക്കെ കൃപ ലഭിച്ചു പക്ഷേ കൃപ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല പക്ഷേ കൃപ പറയുന്നത് വ്യവസ്ഥയില്ലാതെ കിട്ടുന്നതുമല്ല രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല കൃപ ലഭിക്കുന്നത് പക്ഷേ വ്യവസ്ഥയില്ലാതല്ല കൃപ കിട്ടുന്നത് കൃപയുടെ വ്യവസ്ഥ എന്താ ഒന്നാമത് പാപിയായ ഒരാള് താൻ തന്നെ ദൈവത്തിനായിട്ട് തന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കണം അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പാവി വരുന്നില്ലെങ്കിൽ അവനെ കൃപ രക്ഷിച്ചോളും എന്ന് പറയുന്നത് ഒരു ഒരു തെറ്റായ കൃപയുടെ സന്ദേശമായിരിക്കും അതുപോലെ തന്നെ थे थे उर्यू, उर्यू, उर्यू वर्यू वर्यू वर्यू ീ സുവിശേഷത്തില് വിശ്വസിച്ച സഭയിൽ വന്നു കഴിഞ്ഞാലും നമ്മള് താഴ്മയിൽ നമ്മളെ തന്നെ സൂക്ഷിപ്പാൻ ബാധ്യസ്ഥരാണ് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ ആറിലും ഒന്ന് പത്ര ദോസ അഞ്ചിന്റെ അഞ്ചിലും ഒക്കെ നമ്മൾ വായിക്കും ദൈവം ത കൃപ ലഭിക്കാനുള്ള ഒരു ഒരു വ്യവസ്ഥ ഇവിടെ പറയുന്നുണ്ട് താഴ്മ ഉള്ളടത്ത് ലഭിക്കും അപ്പൊ നമ്മള് കർത്താവിന്റെ അടുത്തേക്ക് വരാൻ ഒന്ന് നമ്മളെ തന്നെ താഴ്ത്തി ആ രക്ഷയുടെ വീണ്ടു ജനത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ വരാതെ ആർക്കും രക്ഷയില്ല അതുപോലെ വന്നുകഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ആ താഴ്മയിൽ സൂക്ഷിപ്പാനും നമുക്ക് ബാധ്യതയുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ വ്യവസ്ഥ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമ്മുടെ യോഗ്യത നോക്കിയല്ല ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുന്നത് അവിടുത്തെ കൃപയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് അവിടുത്തെ കൃപയാണ് ഇപ്പോ ഇന്നിപ്പോ ഈ കോവിഡിന്റെ ഒക്കെ ഭീതി ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മുടെ ഭവനത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമുഖത്തേക്ക് നോക്കുന്നു ദൈവം നമുക്ക് എന്തുകൊണ്ടാണ് മകളെ പേടിക്കണ്ട എന്നുള്ള വലിയ നമുക്ക് നൽകുന്നത് എന്തുകൊണ്ടാ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് നമ്മൾ എരിഹോ ആ എരിഹോ പട്ടണത്തെ കുറിച്ച് അവിടെ റാഹബിനെ കുറിച്ച് റാഘുവിന്റെ കൂടെ മറ്റു മൂന്നു സ്ത്രീകളും കർത്താവിൻ്റെ വംശാവലി വന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്കും സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുന്നത് റാഘവിനെ പോലെ കർത്താവ് എനിക്കിതിനൊരു യോഗ്യതയും ഇല്ല ജൂത്തിനെ പോലെ കർത്താവ് പത്ത് തലമുറയോളം അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്തവരാണ് അല്ലെങ്കിൽ ബേസേബയെ പോലെ താമാറിനെ പോലെ നമുക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് കർത്താവ് ഞങ്ങൾക്കൊരു യോഗ്യതയും ഞങ്ങളെ ഇന്നും അവിടുന്ന് മുന്നോട്ട് നടത്തുന്നതും ഞങ്ങളുടെ ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല കർത്താവെ എല്ലാം അവിടുത്തെ കൃപയാണ് എന്നുള്ള വലിയ നന്ദിയോടെ സ്നേഹത്തോടെ നമ്മളെ നമ്മൾക്ക് കൃപ തന്ന കർത്താവിനോടുള്ള സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിനോട് ചേർന്ന് ഓ കർത്താവിൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കിട്ട് നമുക്കും ആ നിലയിലെ ഈ കാലഘട്ടത്തിലായിരിക്കാം